ശനിഹോധനോമുത്രപുണ്യജി ലോക ബ്രഹ്മവിജ്ഞാർത്ഥം ദർശയവിധാദ പരമ അധശോ ഹൈത്വർ കഴിഞ്ഞ ദിവസം വായിച്ചത് കർമ്മപ്രാപ്തം അധശബ്ദം മേജ രണ്ടാമത്തെ ആ അധശ്ദത്തിന്റെ ഹേതു എന്നുള്ള അർത്ഥം പറയുകയാണ് യസ്മാഗ്ഹോത്രാദിനായിപ്പവാ ഭക്ഷ്യത്തിൽ അത്രയും പരിചോദ്യത്തെ സത്യം വിദോക്തസാധനസമ്പത്തി അനന്തരം ബ്രഹ്മജിജ്ഞാസഭവതി ശരിയാണ് പറഞ്ഞ സാധനസമ്പത്തിക്ക് ശേഷം ബ്രഹ്മവിന്യാസമുണ്ടാവും ശൈവത്വം അനുഭൂപ അതൊരിക്കലും ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് ഖാമുത്ര ഫലഭോഗ വിരാഗം അങ്ങനൊന്നും ഉണ്ടാകത്തില്ല കഴിഞ്ഞ ദിവസം വായിച്ചു എന്തുകൊണ്ട് അനുകൂല വേദനീയം ഹി ഫലം ഫലം എന്ന് പറയുന്നപ്പോഴും അനുകൂലമായി അറിയപ്പെടുന്നതാണ് ഇഷ്ടലക്ഷണത്വ ഫലസ് ഇഷ്ടമാണ് ഫലത്തിന്റെ ലക്ഷണം ഫലം ഇഷ്ടമായി അതൊക്കെ വിശദീകരിച്ച അനുരാഗേതം വിത അനുരാഗ അനുരാഗത്തിന് ഹേതുവായിരിക്കുന്നാണ് ഫലം അതിലെങ്ങനെ വൈരാഗ്യം ഉണ്ടാവും അതും കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ് ഇച്ഛക്ക് ഹേതുവായിരിക്കുന്നതാണ് ഫലം അതിൽ എങ്ങനെ ഇച്ഛം വരും എങ്ങനെ വരും എന്നുള്ളതാണ് അവിടെയാണ് പറയുന്നു ചോദ്യം ഇതാണ് ഇച്ഛയ്ക്ക് വിഷയമാണ് ഫലം അപ്പൊ ഇച്ചാരാഹിത്യത്തിന് അങ്ങനെ ഉണ്ടാകും രണ്ട് പരസ്പര വിരുദ്ധമാണുള്ളത് പറയുന്നു ദുഃഖ അനുഷംഗ ദർശന സുഖേവി വൈരാഗ്യം അതിലൂടെ ഒരു മറുപടി പറയണം ഇഷ്ടമായ ഫലങ്ങളിലും മനുഷ്യന് വൈരാഗ്യം ഉണ്ടാകാം എങ്ങനെയാണെങ്കിൽ അതിന് ദുഃഖം കൂടി ഉണ്ടെന്ന് പറഞ്ഞ അതിന് ദുഃഖ സംബന്ധമുണ്ടെന്നറിഞ്ഞ ദുഃഖ സംബന്ധമുണ്ടെന്ന് മധുരം ഇഷ്ടമാണ് ഡയബറ്റിക്കുള്ള ആൾക്കാർ എന്തു ചെയ്യുന്നു ആ മധുരം ഇഷ്ടമാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാ കണ്ണു പോവും കാല് മുറിക്കേണ്ടി വരും കിഡ്നി പോവും ദുഃഖാനുഷം ദുഃഖ സംബന്ധമുള്ളത് കൊണ്ടാണ് ഉപേക്ഷിക്കുന്നത് അനുപൈരാഗ്യം ഉണ്ടാവും കഴിക്കുന്നില്ല അത് മധുരം ഇഷ്ടമല്ലാത്തോണ്ടല്ല മധുരം ഇഷ്ടം തന്നെ എല്ലാ മനുഷ്യരും മധുരത്തോട് മനുഷ്യന് ഇഷ്ടം തോന്നണം മനുഷ്യർക്കെല്ലാം മധുരം ഇഷ്ടമാണല്ലോ എന്താ കാരണം എന്താ കാരണം അതിന് കാരണം നമ്മുടെ ബയോളജി അതായത് മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് പരിണാമത്തിലൂടെ രൂപപ്പെട്ടു വന്നാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർവൈവലിനാണ് അതിജീവനം നശിച്ചു പോകാതിരിക്കുക ഒരു ജീവൻ അതിന്റെ തലമുറകൾ നശിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോ നമുക്ക് അതിജീവി വേണമെങ്കിൽ ധാരാളം ഊർജം ആവശ്യമാണ് ഒരു പ്രധാന സോഴ്സാണ് എനർജിയുടെ മധുരം ഗ്ലൂക്കോസ് അപ്പൊ നമുക്കാവശ്യമുള്ള ഗ്ലൂക്കോസിൽ നിന്നാണ് ഊർജം കിട്ടുന്നത് നമുക്കാവശ്യമുള്ള ഊർജം കിട്ടുന്നതിന്നാണ് അതുകൊണ്ട് ബ്രെയിൻ നോക്കുമ്പം മാത്ര നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമുള്ള ഊർജ്ജത്തിന്റെ ഇരുപത് ശതമാനം ബ്രെയിനാണ് ഉപയോഗിക്കുന്നു ഇരുപത് അപ്പൊ ബ്രെയിൻ നോക്കുമ്പോഴത്തേക്ക് ഊർജം മധുരം കഴിച്ചപ്പോൾ നോക്കുക അതല്ലേ മധുരം കഴിച്ചാൽ പെട്ടെന്നൊരു ഉന്മേഷം വരും അപ്പോ നോക്കുമ്പോ ബ്രെയിൻ നോക്കുമ്പോ മധുരത്തിൽ നിന്ന് ഊർജം കിട്ടുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രെയിനിലെന്ത് ചെയ്തു അത് അത് ഇഷ്ടമാകാൻ തുടങ്ങി അങ്ങനെയാണ് മധുരത്തോട് നമുക്ക് ഇഷ്ടം വരുന്നത് ഗ്ലൂക്കോസ് പിന്നെ പഴയ കാലത്തെന്ന് വെച്ചാൽ അതുകൊണ്ട് ദോഷമൊന്നുമില്ലായിരുന്നു കാരണം അന്ന് മധുരം കിട്ടുന്ന പഴങ്ങളിൽ നിന്നും തേനിൽ നിന്നും പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കളാണ് ദുർലഭം വരുന്നത് അതിൽ നിന്ന് കിട്ടുന്ന മധുരം എന്ന് പറയുന്നത് നമുക്ക് ദോഷം ചെയ്യില്ലായിരുന്നു ഊർജം കിട്ടും അപ്പം ബ്രെയിനിലങ്ങനെ ഒരു പാഠം പഠിക്കുകയാണ് മധുരം കഴിച്ചാൽ ഊർജ്ജം കിട്ടും എന്നാൽ മധുരം കഴിക്കുകയായിരുന്നാലേ നമുക്ക് അതിജീവിക്കാൻ പറ്റും പക്ഷെ ക്രമേണ മുമ്പോട്ട് എന്താ മധുരം ധാരാളമായി മനുഷ്യ മധുരം കൃത്രിമമായി ഉണ്ടാക്കി പഞ്ചസാര അത് അപ്പോഴാണ് അത് പിന്നെ ദോഷകരമായി മാറിയത് കൂടുതലായി കഴിഞ്ഞാൽ ദോഷം മധുരം മനുഷ്യ ഇഷ്ടപ്പെടാതാണ് കുട്ടികൾ കൊച്ചുകുട്ടികൾക്ക് കപ്പി കൊടുത്തു നോക്കുക അവര് തുപ്പിക്കളി മധുരം കൊടുത്തു നോക്കുക കാരണം എന്തുകൊണ്ട് ആ പ്രായത്തിൽ അവര് ഊർജ്ജം വളരെ ആവശ്യമാണ് കൈകാലിയെത്തി ഭയങ്കരമായി അവര് അധ്വാനിക്കുകയാണ് അപ്പൊ അവർക്ക് ഊർജ്ജം ആവശ്യമാണ് അതുകൊണ്ട് അവര് മധുരം കൂടുതൽ ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് കുട്ടികൾ മധുരം ഇഷ്ടപ്പെടുന്നത് അപ്പൊ മധുരം എന്ന് പറയുന്നത് നമ്മുടെ നീഡാണ് അതുകൊണ്ടാണ് എല്ലാം ഇതെല്ലാം പരിണാമത്തിലൂടെ നമ്മുടെ ബ്രെയിൻ സമ്പാദിച്ചെടുത്ത ഓരോ സിദ്ധി വിശേഷങ്ങളാണ് മധുരത്തെ ഇഷ്ടപ്പെടുക കുട്ടിക്കാലം പോലെ അപ്പോ പ്രായമായി വരുമ്പം നമുക്ക് മധുരത്തോടെ താല്പര്യം കുറയും പോകില്ലേ പക്ഷെ ദോഷമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വൈരാഗ്യം വെച്ചാ ആരാഗമില്ല താല്പര്യം ഇല്ലാതെ ഇപ്പൊ സുഖമാണെങ്കിലും ദോഷബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മനുഷ്യന് താല്പര്യം ഇല്ലാതെ വരും എന്താ ഭോ ചോദിക്കുന്നു അപ്പൊ ഇവിടെ പൂർവക്ഷിയാണ് പറയുന്നത് രാഗത്തിന് ഹേതുവായിരിക്കുന്ന ഒന്നിൽ വൈരാഗ്യം വരത്തില്ല സ്വർഗം പോലെയുള്ള കാര്യങ്ങളല്ല അപ്പോ സിദ്ധാന്തിയാണ് പറയുന്നത് വരാം ദുഃഖ സംബന്ധമുണ്ടെന്നറിഞ്ഞാ രാഗത്തിന് ഹേതുവായാലും വൈരാഗ്യം വരാം പഞ്ചസാരയിലും മറ്റ് ചോദിക്കുന്നു ഹന്തഭോ ദുഃഖ അനുഷംഗി അനുരാഗവിനകസ്മാവതി ദുഃഖേപ്പി അനുരാഗവും അങ്ങനെ നിങ്ങള് പറയണെങ്കിൽ ദുഃഖം ഉള്ളിടത്തും ചെറിയ സുഖം കാണുമല്ലോ ദുഃഖമുള്ള അടുത്ത് ചെറിയ സുഖം കാണും അതാണ് എന്തപ്പോ സുഖ ആ സുഖ സംബന്ധമുള്ളത് കൊണ്ട് ദുഃഖേ ദുഃഖത്തിൽ എന്തുകൊണ്ട് ആൾക്കാർക്ക് അനുരാഗം വരുന്നില്ല വരേണ്ടാണല്ലോ മനസ്സിലായോ ദുഃഖത്തിന്റെ ബന്ധമുള്ളത് കൊണ്ട് സുഖത്തിൽ വൈരാഗ്യം വരുമെങ്കിൽ അങ്ങനെയാണ് പറയണെങ്കിൽ സുഖത്തിന്റെ സംബന്ധം വന്നു കഴിഞ്ഞാൽ ദുഃഖത്തിലും രാഗം വരും മനസിലായ ഒരുപക്ഷി ചോദിക്കണം എന്തുകൊണ്ട് വന്നൂടെ എന്നാണ് തിരിച്ച് ഏതെങ്കിലും ഒരു ദുഃഖകരമായ കാര്യം അതിൽ കുറച്ച് സുഖമുണ്ടെങ്കിൽ സുഖം ചെറുതായിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ഒരാൾക്ക് എന്തുകൊണ്ട് അനുരാഗം ഉണ്ടായി കൂടാന്നാണ് ദുഃഖത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ അല്ലേ ജയിലിൽ പോകുന്നറിഞ്ഞിട്ടും പിടിക്കപ്പെടും അറിഞ്ഞിട്ടും ആൾക്കാര് സുഖം കിട്ടുന്ന വിചാരിച്ചിട്ട് സുഖം കിട്ടുന്ന വിചാരിച്ചിട്ട് പിടിപിടിക്കാൻ പോകുന്നു അതിന്റെ അവസാന പരിണാമം സുഖം സംബന്ധമുള്ള ദുഃഖത്തിലും താല്പര്യമുണ്ടോ ഇത് പൂർവ അതുകൊണ്ടെന്താണ് പറയുന്നത് സുഖേ ഉപാധീയമാനെ ദുഃഖ പരിഹാരവും പ്രീതത്തിൽ ഇങ്ങനെയുള്ള കുതർക്കല്ല ഇതിനു ൂരോക്ഷി പറയാണ് അതുകൊണ്ട് എന്താണ് സുഖത്തിന് സുഖത്തോട് വൈരാഗ്യം തോന്നേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ത് ചെയ്യണം ദുഃഖത്തെ ഒഴിവാക്കി സുഖത്തെ അനുഭവിക്കണം അതിന്റെ സാധാരണ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട പ്രവൃത്തി തസ്മായമാനെ സുഖത്തെ സ്വീകരിക്കുമ്പോൾ ദുഃഖപരിഹാരേ പ്രേതും ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കണം പൂറോഷി പറയണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ സുഖത്തെ ഒഴിവാക്കുകയല്ല അത് തന്നെ ഇപ്പൊ പഞ്ചസാരയുടെ താല്പര്യമാണ് അസുഖമാണ് അപ്പൊ ദുഃഖം പരിഹരിക്കുന്നതിന് വേണ്ടി ഗുളിയേം കഴിക്കണം കുറച്ച് മധുരം കഴിക്കണം അപ്പോ അതിന്റെ സൈഡ് എഫക്ട് എല്ലാം പോവും അങ്ങനെയാണ് പലരും ചെയ്യുന്നത് എന്താണ് ഇന്നൊരു ഗ്ലാസ് പായസം കൂടുതൽ കുടിക്കും ഒരു ഗുളിയ കൂടുതൽ കഴിക്കും അതാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു വഴി പക്ഷെ ഇത് അപാടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ ഈ തർക്കം പറയുന്നവരെന്താണ് സുഖം നിങ്ങള് ആവശ്യം പോലെ അനുഭവിക്കുക ദുഃഖത്തെ ഒഴിവാക്കാനുള്ള നോക്കുക ധാരാളം മധുരം കുടിക്കുക ഡോസ് കയറ്റിക്കൊണ്ടിരിക്കുക പറയുന്നത് അതോടാണ് ആർപക്ഷി അതാ പറയുന്നു ആണ് പറയുന്നത് അവർജനീയതയാ ദുഃഖമാകുന്ന പരിഹൃത്യ സുഖമാത്രം പക്ഷേ പറയുന്നു ദുഃഖം എന്തായാലും വരുന്നു അപ്പൊ ഒഴിവാക്കാൻ വയ്യാത്ത ആ ദുഃഖത്തെ മാറ്റിവെച്ചിട്ട് സുഖത്തെ മാത്രം അനുഭവിക്കുന്നു പുറോഷിയുടെ ആശയമാണ് കേട്ടോ നടക്കുക നടക്കില്ലെന്നുള്ളതല്ലതയാന്ന് വെച്ചാൽ ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ ദുഃഖം ആപദ് ദുഃഖം വന്നു ചേർന്നാലും പരിഹർത്തി അതിനെ സുഖമാത്രം പോക്ഷല് സുഖം മാത്രം അനുഭവിക്കുന്നു നല്ല ഐഡിയ ക്ഷിയുടെ ഒരു ആഗ്രഹമാണ് ദുഃഖത്തെ മാറ്റിവയ്ക്കുക സുഖത്തെ മാത്രം അനുഭവിക്കുക വെറുതെ പറയുന്നതല്ല നല്ല ഉദാഹരണം പറയുന്നു തദ്ധ മത്സ്യാർഥി സാൻ സാൻ മത്സ്യാനുവാദത്തെ സാവയം താവത് ആദായ വിനിവർത്തതേ അപ്രകാരമാണ് മത്സ്യാർഥി ഇദ്ദേഹം മിഥിലാ പാമതികാരൻ മിഥിലയിലുള്ള ബ്രാഹ്മിണർ മത്സ്യവും കഴിക്കുന്നവരാണെന്നാണ് അതുകൊണ്ടാണ് ആ ഉദാഹരണം എടുത്തത് മത്സ്യം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെയ്യുന്നു മത്സ്യത്തെ കൊണ്ടുവന്നിട്ട് അതിന്റെ ചെതുമ്പലൊക്കെ നീക്കി അതിന്റെ മുള്ളും കളഞ്ഞിട്ട് ആ മാംസം മാത്രം എടുത്ത് കഴിക്കും മുള്ളു നിന്നോ ആ പിന്നെ അതിന്റെ ചെതുമ്പലൊക്കെ കഴിക്കുകയാണെങ്കിൽ വേറെ പിടിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ അതിന്റെ മത്സ്യം കഴിക്കുന്ന എന്ത് ചെയ്യണം അതിന്റെ മാറ്റണം അത് ചെയ്യണം അങ്ങനെന്താ മുള്ളിൽ നിന്നാ വായിക്കൊള്ളുമെന്ന് വിചാരിച്ച അല്ലെങ്കിൽ തൊണ്ടയിൽ ഇരിക്കുമെന്ന് വിചാരിച്ചു മത്സ്യത്ത് കഴിക്കാതിരിക്ക കഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ അല്ല പ്രയാസോടെ കൊറേശ് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കഴിക്കണമെന്ന് തോന്നാറുണ്ടോ അങ്ങനെ കൊറേ കാലം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ താല്പര്യം പക്ഷെ ഇന്ന് കണക്കാനുണ്ടാ കൊറേശോ കഴിച്ചിട്ട് ശീലിച്ചു വീണ്ടും അല്ലാതെ പോയിന്നു വിചാരിക്കില്ല നമ്മള് കുറെ കാലം കഴിക്കാ എനിക്കിപ്പോ ഉള്ളി കഴിക്കുമ്പോൾ വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഉം കുറെ കാലം കഴിക്കാതിരുന്നോണ്ട് അങ്ങനെയായി എപ്പോ കഴിച്ചാലും ഒരു അസ്വസ്ഥത വരും ഉള്ളി വെളുത്തുള്ളി ഒന്നും പറ്റില്ല അത് കുറെ കാലം കഴിക്കാതിന് നിശീലമായതുകൊണ്ടാണ് ഇതെല്ലാം അങ്ങനെയാണ് സന്തോഷമായിട്ട് കഴിക്കാൻ തോന്നില്ല മനസ്സങ്ങനെയായി ആളുകൾ ഇന്നത്തെ യഥാ അത് എപ്രകാരം എന്ന് വെച്ചാൽ മത്സ്യാർത്ഥി മത്സ്യത്തെ ആഗ്രഹിക്കുന്നവൻ അർത്ഥിക്കുന്നവൻ സശൽക്കാൻ ചെതുമ്പലോടുകൂടിയ സകണ്ടകാൻ മുള്ളോടുകൂടിയ മത്സ്യാൻ ഉപാധത്തെ അങ്ങനെയുള്ള മത്സ്യങ്ങളേഖരിക്കുന്നു എന്നിട്ട് യാവതാതെയും അതിൽ നിന്ന് എത്രമാത്രമാണോ എടുക്കേണ്ടത് താവതാത എന്ന് വെച്ചാ മാംസം എടുത്തിട്ട് ന്ത അയാള് പിന്തിരിയുന്നു എന്നുവെച്ചാൽ ബാക്കിയുള്ള ഉപേക്ഷിക്കുന്നു പിന്തിരിയുന്നു മൊത്തം എടുക്കുന്നില്ല ആകാശമുള്ള എടുത്തിട്ട് ബാക്കി അയാള് പിന്തിരിയുന്നു ബാക്കി കളയുന്നു അപ്പൊ എവിടെ എവിടെയാണോ സുഖം കിട്ടുന്നത് അവിടെ സുഖത്തെ എടുക്കുക ദുഃഖത്തെ ഒഴിവാക്ക യഥാവാ ധാന് സി ധാന്യാനി ആഹരതി സാവത് ഉപാധായ നെല്ലും ഗോതമ്പൂർ എടുക്കുന്നവര് അതിന്റെ എന്താണോ കക്ഷിയും ഉമിയും അതിന്റെ കതിരും എല്ലാം കളഞ്ഞിട്ട് എന്താണോ എടുക്കേണ്ടത് അതിനെടുത്ത് എടുക്കുന്നു ബാക്കി കളയുന്നു അപ്പൊ നെല്ലില് പതിരൊണ്ട് അല്ലെങ്കി ഉമിയുണ്ട് അല്ലെങ്കിൽ കച്ചിയുണ്ടെന്ന് ചോദിച്ചാൽ ആരെങ്കിലും നെല്ലെടുക്കാതിരിക്കും അപ്പൊ സുഖത്തെ എടുക്കുമ്പോ സെലക്റ്റീവ് ആയിരിക്കുക ആവശ്യമോടെ എടുക്കുക ബാക്കിയുള്ള എല്ലാം കളയുക ഉം അങ്ങനെയടത്തോളം ഇവിടെ പറയുന്നത് അതിന്റെ കച്ചിയും അതിൻ്റെ കതിലും ഇല്ല പിന്നെ അതിൻ്റെ ഭൂമിയും എല്ലാം കളഞ്ഞിട്ട് ആര് മാത്രം അതാണ് എന്താണ് ഇതാ ധാന്യ പലാലാനി ധാന്യാനി പലാലത്തോടുകൂടിയ ധാന്യങ്ങൾ ും അതിന്റെ കച്ചിയാണ് തെലാലാനി ധാന്യാനി ആഹരതി അതിനെ സ്വീകരിക്കുന്നു എന്നിട്ട് സയ്യാപതാദയും അവൻ എടുക്കുന്നു എത്രയാണോ അത് ഇന്ന് എടുക്കേണ്ടത് താപതുപാതായ അതിനെടുത്തിട്ട് ദിവർത്ത് എന്താ പിന്തിരിയുന്നു ദുഃഖത്തെക്കുറിച്ചുള്ള പേടിയുണ്ട് അനുകൂലീയം ഐഹികം ഔമുഷ്മികം സുഖം പരിതക്തം ദുഃഖം എന്നുള്ള ഭയം കൊണ്ട് ഇഹലോകത്തിലെയോ പരലോകത്തിലോ സുഖത്തെ ഉപേക്ഷിക്കാൻ പാടില്ല പറയാൻ മനസിലാവേ ദുഃഖമുണ്ട് എന്ന് കരുതിലോകത്തിലോ പരലോകത്തിലോ ഉള്ള സുഖത്തെ ഉപേക്ഷിക്കാൻ പാടില്ല പിന്നെ വൈരാഗ്യത്തിന്റെ ആവശ്യമില്ല വൈരാഗ്യം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥം ഇല്ല ദുഃഖത്തെ ഒഴിവാക്കുക സാധാരണ മനുഷ്യരിലോ അങ്ങനെയുള്ള പറയുന്നേന്ന് സാമാന്യ മനുഷ്യൻ എങ്ങനെയാ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് ഏതിലാണോ നമുക്ക് ഗുണം ചെയ്യുന്നത് അതെടുത്തിട്ട് അതെന്താണോ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതിനെ കളയുക അല്ലേ അങ്ങനെയല്ലേ മനുഷ്യൻ ചിന്തിക്കുന്നത് വൈരാഗ്യത്തിന്റെ ആവശ്യം ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വൈരാഗ്യത്തിൻ്റെ ആവശ്യം ഇല്ല ആ സാമാന്യ മനുഷ്യന്റെ ബുദ്ധി നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് പരാതി എന്ന് പറയുന്നതിന്റെ ആവശ്യം ഇല്ല ആവശ്യമുള്ള എടുക്കുക ദോഷം ചെയ്യാത്ത എടുക്കും ദോഷമുള്ള പിന്നെ എന്താണ് ദോഷം ചെയ്യുന്നത് എന്താണ് ദോഷം ചെയ്യാത്ത അവനവന്റെ ബുദ്ധി മനസ്സിലാക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കണം അതിനെനിക്ക് അല്ലാത്ത കളയില്ല അപ്പൊ മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പൊറുപക്ഷി പറയുന്നത് എല്ലാ സുഖങ്ങളോടും മൈരാഗ്യം അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് മനസ്സിലായ തസ്മാ അതുകൊണ്ട് ദുഃഖഭയ ദുഃഖത്തെ കുറിച്ചുള്ള ഭയം ഉള്ളതുകൊണ്ട് അനുകൂലമായി അനുഭവപ്പെടുന്ന ഐഹികം ഈ ലോകത്തിലുള്ളതോ വ ആമുഷികം പരലോകത്തിലുള്ളതോ ആയ സുഖം സുഖത്തെ പരിത്യക്തം ഉപേക്ഷിക്കുന്നത് ഉചിതം ഉചിതം വീണ്ടും ചോദിക്കുന്ന ശാലയോപ്യന്തെ മാനുകളുണ്ട് പഴയകാലത്ത് മനുഷ്യർ താമസിച്ചിരുന്നത് കാട്ടിലാണല്ലോ എല്ലാം കാട്ടില്ല അപ്പോ ആയിരം വർഷം മുമ്പ് ആണ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഓർമ്മ മനുഷ്യൻ കാട്ടി കഴിയുന്ന സമയം ഇതുപോലെയുള്ള പട്ടണങ്ങൾ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ് അന്നത്തെ പട്ടണങ്ങൾ അപ്പോ ഈ മനുഷ്യരെല്ലാം ജീവിക്കുന്ന എങ്ങനെ കൃഷി ചെയ്താണ് അപ്പോ കൃഷി ചെയ്തു കഴിഞ്ഞാൽ കാട്ടിൽ നിന്നും മാനുകൾ തിന്നും അപ്പൊ മാന് തിന്നു വിചാരിച്ച് ആരെങ്കിലും നെല്ല് വരയ്ക്കാതിരി അവനങ്ങനത്തെ വയലിൽ നെല്ല് ീതി മൃഗംന്ന് പറഞ്ഞു കരുതി ശാലയോ ശാലഞ്ഞ പഴയകാലത്ത് മരുന്നെല്ല് നൂപ്യന്ത എന്ന് പറഞ്ഞ വിതയ്ക്കാതിരിക്കുമോ മാനുണ്ടെന്ന് വിചാരിച്ചാരെങ്കിലും വയലിൽ നെല്ല് വിതയ്ക്കാതിരിക്കും ഭിക്ഷുഗാഹസന്ധേന അതിശയന്റ് പിന്നെ അതുപോലെ തന്നെ ഗ്രാമത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭിക്ഷുക്കൾ വരും അവർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് ആൾക്കാർ വീട്ടില് പാകം ചെയ്യാതിരിക്കും ആരെങ്കിലും ചെയ്യും ഭിക്ഷുക്കൾ വരും ബീജസന്താനെ പിതയ്ക്ക ഭിക്ഷാഹസന്ദേ ഭിക്ഷുക്കൾ ഉണ്ടോ എന്ന് കരുതി പാത്രം നാഥിശ്രീ എന്തേന്ന് വെച്ചാൽ അടുപ്പി വയ്ക്കാതിരിക്കുമോ അതിശ്രയണം ചെയ്യാന്ന് വെച്ചാ അടുപ്പിൽ പാത്രം കയറ്റുന്നതിനെങ്കിലും ചെയ്യാതിരിക്കും പാകം ചെയ്യുന്നതിനാണ് അവിടെ പറയുന്നത് അപ്പൊ അവർക്കറിയാൻ ഭിക്ഷക്കള് വരുമെന്നു അവര് പായ ഉണ്ടാക്കും പിന്നെ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത് ഉം ചെറിയ ഭിക്ഷുക്കൾ വരുമ്പോ പട്ടി അങ്ങനെ ചെയ്തുകൂടി അങ്ങനെ പറ്റി കഴിച്ചു ചെല്ലരെ വിഷികള് വരുമ്പോ എന്തു ചെയ്യും അല്ലെങ്കി പിന്നെ കഥ കടക്കും വിഷുക്കൾ വരുമ്പോ വരുന്ന വിഷികൾ വരുമ്പോ കഥ കടക്കും ൾ ഓരോന്ന് വിചാരിച്ച ആരും പാകം ചെയ്യാതിരിക്കില്ല അല്ലെങ്കിൽ ചില എന്തു ചെയ്യും അതിന് കുറച്ച് കൊടുക്കും പക്ഷുക്കൾ ആ അവര് കഴിച്ചിട്ട് പോട്ടെ പഞ്ചാബിലൊക്കെ ആൾക്കാരെ പാചകം ചെയ്ത് കഴിക്കാതെ ഝൂട്ടാകാതെ ഞാൻ വിഷയത്തിൽ ഇനി പിന്നെ ഈ ധർമ്മ പരിക്രമം നടത്തിയപ്പോ മധ്യപ്രദേശ് ആരോഗ്യ പാവങ്ങളാണ് അപ്പൊ അവര് ഈ മഴ പെയ്ത നെല്ല് വിതയ്ക്കുമ്പോ പക്ഷുക്കൾ വരും അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഗ്രാമത്തിലുള്ള എല്ലാവരും നാടിനിക്ക് പോയി കുളിച്ചിട്ട് വന്നിട്ടൊക്കെ ഞാൻ ഭക്ഷണം ഉണ്ടാകും അങ്ങനെ പ്രധാന ഭക്ഷണമായിട്ടല്ല കേരളത്തില് വിദ്യാഭ്യാസം ഉണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസം ഉണ്ട് അവിടെ വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ട് അതാ ഇവിടെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് അവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ജീവിച്ചു ഏതാ പറഞ്ഞിട്ടാണ് എവിടെ അത് മൂന്നു നേരം തരുന്നത് വെറുതെ അല്ല വോട്ടിനാണ് തരുന്നത് വെറുതെ ഒരു വോട്ടിന് വിലയുണ്ട് അതുകൊണ്ട് തരുന്നതാണ് വെറുതെ ആരും തരത്തില്ല കേരളത്തിൽ നിന്നുള്ള ഒരു ബുദ്ധി തന്നെ ബുദ്ധിയുള്ളവര് തന്നെയാ വോട്ടില്ലെന്നോ അങ്ങോട്ട് എത്രയോ സംഭവം കൊടുക്കും ഓടിച്ചു അതൊന്നാവരുത് അബീദ ദൃഷ്ടം സുഗം ചന്ദന വനദാദി സംഗ ജന്മ ഛൈദാ രക്ഷനേന ദുഖേന ആഖരാദത്വാധി ഭീരുണ തേജ്jete ത തേജ്జేദാപി സ്ഥിതി ചേകം എന്നാണ് അബീദ ദിഷ്ടം സുഖം പ്രത്യക്ഷസുഖം എങ്ങനെ ചന്ദന വനിതാദി സംഘജന്മം ചന്ദനം വനിത സ്ത്രീകൾ അവരുടെയൊക്കെ സംഘം കൊണ്ടുണ്ടാകുന്ന സംഘം കൊണ്ട് ജന്മം ഉണ്ടാകുന്നതായ പ്രത്യക്ഷമായ സുഖം ക്ഷയിതാരക്ഷണേന ദുഃഖേന ക്ഷയിത ക്ഷയിച്ചുപോകുന്ന ദുഃഖം കാരണം ഈ സുഖങ്ങളെല്ലാം ക്ഷയിക്കുമ്പോൾ ദുഃഖത്തെ ഉണ്ടാക്കുകയ്യോ നഷ്ടപ്പെട്ടു അങ്ങനെ ചിന്തിക്കും സുഖം നേടിയാലും സുഖം നശിക്കുമ്പോ അല്ലെങ്കിൽ നശിക്കും എന്നുള്ള ദുഃഖം അല്ലെങ്കിൽ ക്ഷയിതാലക്ഷണേന ദുഃഖേന ആഘാതത്വ സംബന്ധമുണ്ടെങ്കിലും അപ്പൊ ഈ സുഖങ്ങൾക്കെല്ലാം നാശം എന്നുള്ള ഒരു സംബന്ധമുണ്ട് അങ്ങനെ ദുഃഖമുണ്ടാകും എങ്കിലും അതിഭീരുണിതാ അതുകൊണ്ട് അതിഭീരുക്കൾ അങ്ങേറ്റം കിഴങ്ങന്മാര് തെജിയേതാവി ഉപേക്ഷിച്ച ക്യാമ്പ് മനസ്സിലായേ ഇത്തരം സുഖങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നവരുമുണ്ടെന്നാ പറയുന്നു പൂർവപക്ഷി പറയുന്നു വനിതാ ചന്ദനാദി സംഘം കൊണ്ടുണ്ടാകുന്ന സുഖങ്ങളും നശിച്ചുപോകുന്നതാണല്ലോ ഇത് ക്ഷണികമാണല്ലോ എന്നൊക്കെ കരുതി ഉപേക്ഷിക്കുന്ന കിഴങ്ങന്മാരുണ്ട് അവരാരാണ് സന്യാസിമാര് പറ്റും അവരെ കുറിച്ച് പറയാം ഉണ്ടെങ്കിലും ശരിയാ അങ്ങനെ സംഭവിക്കും ഇവിടെ പറയണം ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കിടക്കുന്നു കാരണം ഇതൊക്കെ ദുഃഖം ഉണ്ടാക്കുന്നതാണെങ്കിലും അങ്ങനെ സംഭവിക്കാമെങ്കിലും ുഷ്മികം സ്വർഗാദി പക്ഷെ പരലോകത്തിലെ സ്വർഗം അതെങ്ങനെ ഉപേക്ഷിക്കും ഇവിടത്തെ സുഖങ്ങളെല്ലാം വേണ്ടി ഒന്ന് ഉപേക്ഷിക്കുന്നു നശിക്കുന്ന പരലോകം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നുകൊണ്ട് അവിനാശിത്വ ഒരിക്കലും നശിക്കുന്നത് സ്വർഗസുഖം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പൂർവ്വപക്ഷം കൊണ്ടുവരണമെങ്കിൽ അന്നത്തെ മനുഷ്യരെങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് സ്വർഗിനാശിയാണെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർക്ക് വേദത്തിലുള്ള വിശ്വാസം വേദത്തെ ആ ജനങ്ങൾ അത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ട് അതെ എങ്ങനെയാണോ ഇന്നും മനുഷ്യരും ബൈബിളിലും ഖുറാനിലും ഒക്കെ വിശ്വസിച്ചിട്ട് സ്വർഗമുണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി അങ്ങനെ ജീവിക്കുന്ന എത്രയോ മണ്ടന്മാരുണ്ട് ഏഗീലോകത്തില് ജീവിക്കുന്നതന്നെ പരലോകത്ത് പോകാൻ വേണ്ടിട്ടാണ് പരലോകസുഖം അതുപോലെ തന്നെ ഈ വേദത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു എന്താണ് പരലോകസുഖം അതാണ് അവർക്ക് ഏറ്റവും വലിയ സുഖം എന്തുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നോണ്ടല്ലേ സ്വർഗത്തിന് വേണ്ടി ഇവിടെ ഓരോന്ന് ചെയ്യുന്നത് ോ ഖുറാനിലോ വേദത്തിലോ പറഞ്ഞിരിക്കുന്നത് ഒക്കെ സത്യമാണെന്ന് ഇവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നു അവര് എന്തുകൊണ്ടവര് വിശ്വസിക്കുന്നുണ്ടോ പിന്നെ മറ്റുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ പുരോഹിതന്മാരും അവരെ അവസരം കൊടുക്കില്ല ഇവരുടെ മനസ്സിൽ ഇതിങ്ങനെ നിരന്തരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തള്ളിക്കേറ്റി നീ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇവിടെ ജീവിക്കണ എന്നുള്ളത് തലമുറ തലമുറ തലമുറ തലമുറകളായി മനുഷ്യന്റെ മനസ്സിലടിച്ചു കയറ്റി അവനതിന് ദൃഢമായി വിശ്വസിക്കുന്നു അപ്പൊ അത് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നത് പുരോഹിതന്റെ കഴിവാണ് ചെറിയ പ്രായത്തില് അതിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ടു പറയുന്നത് കുട്ടിക്കാലത്തേക്ക് ഗീത പഠിപ്പിക്കണമെന്നൊക്കെ പറയുന്നതാണ് കുട്ടിക്കാലത്തെ സംസ്കാരം പഠിപ്പിക്കണമെന്നൊക്കെ പറയുന്നതാണ് എന്ന് വെച്ചാൽ ഇവന് ചെറിയ പ്രായത്തിലെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങണം എന്നിട്ട് ഇങ്ങനെയുള്ള മൂഢവിശ്വാസങ്ങളെല്ലാം എന്റെ തലയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ വേണ്ടിവന്ന ഇപ്പോൾ ഇന്നലെ ഒരുക്കം പറഞ്ഞിരിക്കുകയാണ് അയ്യായിരം ചാവേറുകൾ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പം കുറേ ഒരു കാര്യമേ ഉള്ളൂ അള്ളാഹം ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം തരണം എന്തിനും സ്വർഗത്തിൽ പോകാൻ വേണ്ടി വേറെ ഒന്നും ഞങ്ങൾക്ക് അയ്യായിരം പേരും മരിച്ചിട്ട് സ്വർഗ്ഗത്വമായിരിക്കും അയ്യായിരം പേരും എന്തുകൊണ്ട് ഇത്ര ദൃഢമായി വിശ്വസിക്കുന്നു ഇതിന്റെ അടുത്തം പറഞ്ഞാണ് ഇന്ത്യയിൽ ആക്രമിക്കാൻ അയ്യായിരം പേര് റെഡിയാക്കിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് വിശ്വസിക്കുന്ന കാലം രക്തസാക്ഷിത്വം അത് കഴിഞ്ഞ് സ്വർഗം ആ ഒരു സംശയവും ഇല്ല അപ്പോ ഇത്തരം ഗ്രന്ഥങ്ങള് മനുഷ്യനെ കാലം ഇതുപോലെയുള്ള മൂടന്മാർ സ്വർഗത്തി അയക്കാൻ വേണ്ടി യുവന്മാരെ ബ്രേ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേ അവൻ സ്വയം ചത്തിട്ട് മറ്റുള്ളവരെ കൊന്നിട്ട് അവൻ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് അവൻ ദൃഢമായി വിശ്വസിക്കും അതാണ് ബ്രെയിൻ വാഷിന്റെ ശക്തി അതാണ് പുരോഹിതന്മാര് ഇങ്ങനെ ഒരു വേഷം കെട്ടിയാൽ അതിൻ്റെ പ്രധാനമായ ജോലി എന്ന് പറയുന്നത് പൗരോഹിത്യമാണ് പൌരോഹിത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഇത്തരം വിശ്വാസങ്ങള് ദൃഢമായി ഉണ്ടാക്കിയെടുക്കുക അതിന് നിരന്തരം അവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേ പാകിസ്ഥാനിലെ അവരെ ട്രെയിൻ ചെയ്ത പള്ളിയുണ്ട് പള്ളിയുണ്ട് േദത്തിലുള്ള ബൈബിളിലുള്ള ഖുറാനുള്ള വിശ്വാസമാണ് മനുഷ്യനെ ഈ ക്രൂര കർമ്മങ്ങൾക്കും പ്രേരിപ്പിക്കുന്നത് ഇവയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പുരോഹിതന്മാർ മനുഷ്യന്റെ മനസ്സിൽ അപ്പോൾ മനുഷ്യൻ നന്നാവണമെങ്കിൽ എന്തൊക്കെ പോകണം ഈ വേദങ്ങൾ പുരാണം ഖുറാൻ ഇതൊക്കെ നശിക്കണം ഈ പുരോഹിതന്മാരെല്ലാം തൊഴിലില്ലാത്തവരായിത്തീർണ്ണം അപ്പൊ സ്വർഗമില്ലാതാവും മനുഷ്യനെല്ലാം ഒരു പരിചയം നന്നാവും അങ്ങനെന്താ പറഞ്ഞു സ്വർഗമില്ലാതാക്കാൻ എന്നാ പറയില്ല പേടിയുണ്ടെങ്കി പറയില്ലാതായ അത് പറയുമ്പോ പ്രതീക്ഷിച്ചോളൂ അത് തന്നെ അത് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന വിഷയമാണ് അത് വിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമുണ്ട് രാഷ്ട്രീയത്തിൻ്റെ വിഷയമല്ലോ വികാരം വരുമ്പോ അറിയാതൊക്കെ പറഞ്ഞ പോലാണ് ചെലപ്പോ സ്ഥാനമാനങ്ങളിലൊക്കെ ഇരിക്കുന്നവര് സംസാരിക്കുമ്പോ രാഷ്ട്രീയക്കാരെ പോലെ അവര് അവര് ആവശ്യമില്ലാത്തൊരു കാര്യവും പറയല അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവര് സംസാരിക്കും ഒന്ന് പറഞ്ഞാൽ സംസാരിക്കണം രാഷ്ട്രീയക്കാരെ പിന്നെക്കാർ ഒന്നും പറയൂ പറയുന്നതിന് ദോഷം ഒന്നുമില്ല അത് പറഞ്ഞാൽ അവന് ഉറച്ചു നിക്കാനുള്ള തൻ്റെ വേണം എന്തൊരാഴ്ചപ്പാടാണെന്ന് പറയാനുള്ള തൻ്റെ സമത്വം ഉം അത് പറയൂ അത് പറഞ്ഞില്ലേ പറഞ്ഞു കേട്ടോ ഇങ്ങനെയൊക്കെ ില്ല ഞാൻ ഇപ്പൊ ഈ രാഷ്ട്രീയമാണെന്ന് ഇത്രയും മഷളാക്കുന്നത് മുമ്പ് നിത്യനീയതി പലവണ് പറഞ്ഞിട്ടുണ്ട് അന്നു ഈ രാഷ്ട്രീയം ഇത്രയും രൂക്ഷമാണ് ആരും വിമർശിച്ചത് പിന്നെ എത്രയോണോ പറഞ്ഞു എഴുതി ചെരുവിലെ സ്ത്രീകളെ കേൾക്കുന്നു പക്ഷെ അന്ന് എന്താണ് സ്ത്രീ മൂവ്മെന്റുകളൊന്നും രാഷ്ട്രീയക്കാര് കൈകാര്യം ചെയ്യുന്ന വിഷയം രാഷ്ട്രീയക്കാര് കൈകാര്യം ചെയ്യുന്നോണ്ട് സംസ്കാരം ഇല്ല ചെണ്ടായി തൊണ്ണൂറ്റി സാറേ ആണോ റെക്കോർഡ് ചെയ്ത റെക്കോർഡ് ചെയ്ത